ക്ഷാലാമത്തെ തൊണ്ണമാണ് <laughs> ദുശ്ചരിതമാനസ ുശ്ചരിതാ നോ നസി മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൊണ്ടെന്നാണ് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത് ഈ പരമാത്മാവ് ആർക്കാണോ തന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെ മാത്രമേ ഇത് പ്രകാശിക്കപ്പെടൂ സ്വാമി തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതാണ് അങ്ങനെ ആർക്കാണ് പ്രകാശിക്കുന്നത് ആർക്കത് പ്രകാശിക്കുന്നതാണ് അതാണ് അടുത്ത് പറയുന്നത് പ്രതിഷേധ ശ്രുതി സ്മൃതി അവിഹിത പാപകർമ്മ ദുരാചാരങ്ങളിൽ നിന്നും സദാചാര വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്നും പിന്മാറിയവൻ അങ്ങനുസരിച്ചു പ്രതിഷിദ്ധ വും സദാചാരവും അങ്ങനെ തിരിച്ചറി അധികാരിയായിരിക്കുന്നത് ശാസ്ത്രബോധമുള്ള ഒരാളാണ് ശാസ്ത്രബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സദാചാരവും ദുരാചാരവും തിരിച്ചറി ശാസ്ത്രത്തിൽ വർണ്ണ ആശ്രമ വ്യവസ്ഥകളാണെങ്കിൽ അനുസരിച്ച് സ്വധർമ്മത്തെ നിർവചിച്ചിട്ടുണ്ട് എന്നത് സ്വധർമ്മം ഇന്നത് പരധർമ്മം അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട് അത് ബ്രഹ്മഗിരിയും അർഹസ്ഥ സന്യാസം ഭഗവാന ബ്രാഹ്മണക്ഷത്രിയും മൈസ്യൻ സൂദ്ര ഇങ്ങനെയെല്ലാം നിർതിരിച്ചാണ് പഴയകാലത്ത് ധർമ്മങ്ങളെ നിർവഹിച്ചത് അതിൽ ദീഷിതമായിട്ടുള്ളതെല്ലാം ധർമ്മം നിഷിദ്ധമായിട്ടുള്ളതെല്ലാം അധർമ്മ അല്ല മനുഷ്യന്റെ തീവ്രമായ ബുദ്ധി ഉപയോഗിച്ച് ഏത് സമയവും ധർമ്മത്തെയും അധർമ്മത്തെയും നിർണ്ണയിക്കാൻ കഴിയാതെ വരും അതുകൊണ്ടാണ് ഭഗവാൻ അർജുനോട് പറയുന്ന സസ്മാം ശാസ്ത്രം പ്രമാണം കാര്യകാ കാര്യം കർത്തവ്യം ധർമ്മം അകർത്തവ്യം അധർമ്മം ഇത് രണ്ടും നിശ്ചയിക്കുന്നതിന് നിനക്ക് പ്രമാണമായിരുന്നത് ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിൽ നിഷേധിച്ചിട്ടുള്ളത് അതാണ് പറഞ്ഞിരിക്കുന്നത് പ്രതിഷിദ്ധി പ്രതിഷുദ്ധങ്ങൾക്ക് ശാസ്ത്രത്തിൽ ആചാര്യന്മാർ നിഷേധിച്ചിട്ടുള്ളത് അത് ഒന്നോ വിശദീകരിക്കുന്ന ശ്രുതി സ്മൃതി ആ വിഹിത അവിടെ ഈ സംശയം വരും പാപങ്ങൾ ഓരോന്നും വരുന്നു എന്ന് അത് പ്രയാസമാണ് ഓരോ സന്ദർഭങ്ങളും പാപങ്ങളിങ്ങനെ മാറി മാറി വരും അതുകൊണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാമെങ്കിൽ പറയുന്ന അവിഹിതാർ വിധിച്ചിട്ടില്ലാത്തതല്ല വിധിച്ചത് മാത്രം ചെയ്യുക വിധിച്ചിട്ടില്ലാത്തത് ചെയ്യാതിരിക്കുക അതിനെക്കുറിച്ച് പാപവും പുണ്യവും തന്നെ കണ്ട വിഹിതമായത് മാത്രം ചെയ്യുക വിധിച്ചിട്ടില്ലാത്തവരായിരിക്കും വരുന്നത് പാപം അല്ലെങ്കിൽ പാവം നിന്നതിന്നതാണ് എന്ന് ഓരോന്നെ പറയും അത് അസാധ്യമാണ് കാരണം വളരെ വിപുലമാണ് പാപം അത് എണ്ണിപ്പറയാൻ സാധ്യമല്ല അതിനോട് പറഞ്ഞു അവിഹിത വിധിക്കാത്തത് വിധിച്ച് അനുഷ്ഠിച്ചാൽ വിഹിതമായ മാത്രം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പാപം അവിടെ വരുന്നില്ല കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എവിടെ എനിക്ക് സ്മൃതി ശ്രുതി ശ്രുതിയിൽ അനുഷ്ഠാനങ്ങളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നില്ല അങ്ങനെ വിശദമായി പ്രതിപാദിക്കുന്നതാണ് സ്മൃതി അതും കാലോചിതമായ രീതിയിൽ പ്രതിപാദിക്കുന്നതാണ് അതാത് കാലത്തിന് വേണ്ടി ആചാര്യന്മാർ വിധിക്കുന്നു ധർമ്മങ്ങളിജിക്കുന്നു അത് ആശ്രമങ്ങളിൽ എന്താ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം വർണ്ണങ്ങളിൽ എന്ത് ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നിങ്ങനെ വിധിച്ചിരിക്കുന്നു അങ്ങനെയുള്ള വിധിത്തം അത് അനുഷ്ഠിക്കുമ്പോൾ ധനശാസ്ത്രം പ്രമാണമാണെന്ന് ഭഗവാൻ പറഞ്ഞത് വിധിക്കാതെ അനുഷ്ഠിക്കാതിരിക്കുക അവിഹിതാത് പാവകർമ്മ വിഹിക്കാത്തത പാവകർമ്മൻ അങ്ങനെയുള്ള പാപകർമ്മങ്ങളിൽ നിന്നും അവിരത അനുപരത ഉപരമിച്ചവൻ അവനെ ഇതുവെളിപ്പെടുത്തുന്നു ദുരാചാരങ്ങളിൽ നിന്നും വിരമിച്ചവൻ നാടി ഇന്ദ്രിയ ലൗ അശാന്ത അനുപര ദുസ്ചരിതത്തിൽ നിന്നും ഉപരിവരിക്കാത്തവന ഇത് ഉണ്ടാവത്തില്ല അതുകൊണ്ടി ഇന്ദ്രിയാതെ ഇന്ദ്രിയ ലാള ഇന്ദ്രിയങ്ങളിലാളില്ല എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങളെ വീടുവേക്ക് പോകുന്നു അതിന് പുറകിലും മനസ്സ് ഉൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങൾ പോകുന്നതിനനുസരിച്ച് വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം പോവുക അതാണ് ഇന്ദ്രിയ ലൗല്യം അവിടെ ധർമ്മവിചാരമില്ല വിഹിതമാണോ അല്ലയോ ഒന്ന് പരിശോധിക്കുന്നില്ല ഇന്ദ്രിയങ്ങൾ പോകുന്നതിനനുസരിച്ച് ഇത്രകരണങ്ങളും പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു അതാണ് ഇന്ദ്രിയ ലൗല്യം അതുകൊണ്ട് അശാന്ത അങ്ങനെയുള്ളവൻ അശാന്തനായിരിക്കും ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെ ഏറ്റവും നല്ല കണക്ക് ശാന്തി അശാന്തി കാരണം ഉണ്ടെങ്കിൽ അവിടെ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ മനസ്സാന്തമായിരിക്കും മനസ്സാന്തമായിരിക്കുക മനസ്സിൽ കോപതാപങ്ങളെല്ലാം എപ്പോഴും വന്നുകൊണ്ടിരിക്കും താമസാരങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും സ്വയം മനസ്സ് അസ്വസ്ഥമായിരിക്കും ഇതിന് കാരണം മനസ്സ് ഈ പറയുന്ന ഇന്ദ്രിയ നിയന്ത്രണം ഇന്ദ്രിയ ലാളന ഉള്ളതുകൊണ്ടാണ് ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്തതുകൊണ്ടാണ് നിയന്ത്രണമില്ലാത്തവരാണ് മനസ്സ് അസ്വസ്ഥരായിരിക്കും സ്വയം അസ്വസ്ഥമാകുന്നതിനും അതായിരിക്കും കാരണം മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിനും കാരണം മനസ്സിന്റെ നിയന്ത്രണം ഇല്ലായ്മ ഇന്ദ്രിയ ലാവനയാണ് നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം ഇല്ലായ്മ എന്നല്ല പറയുന്നത് ഇന്ദ്രിയ ലാവന എന്നുവെച്ചാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും ആ ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഇടുക എന്നുള്ള അതുകൊണ്ടാണ് മനുഷ്യന് അശാന്തി ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനമായിട്ടും അശാന്തനായിരിക്കും ഇന്ദ്രിയ ലാളന ഇല്ലാത്തത് വളരെ ശാന്തനായിരിക്കും അങ്ങനെയാണ് അതിന്റെ അടയാളം ലക്ഷണം അസമാഹിത അടുത്തു പറയുന്ന അസമാഹിത അശാന്ത എന്ന് പറഞ്ഞു അശാന്തനെന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞ് അസമാഹിതം അനേകാഗ്രമനാഹാഗ്രമായ മനസ്സിലാത്തത് അതാണ് വ്യക്ഷിപ്ത ചിത്ത വിക്ഷിപ്തചിത്തം മനസ്സ് സ്വന്തം ഇച്ഛക്ക് വിധേയമല്ലാതെ വിഷയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചിത്ത വിക്ഷേപം അങ്ങനെയുള്ള ചിത്ത വിക്ഷേപങ്ങളാണ് മൂന്ന് നിമിഷം പോലും മനസ്സിന് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതെ ശാരീരികമായി നിശ്ചലമായിരുന്നാലും മനസ്സ് സദാ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക അതാണ് നിക്ഷിപ്തചിത്തം എന്ന് പറയുന്നത് മനോരാജ്യം എന്ന് പറയും അതിന് ഞാൻ മനസ്സ് മുഴുകിയിരിക്കുക നിക്ഷിപ്തചിത്തങ്ങൾ മനസ്സെവിടെ പോകുന്നു സമയം അറിയാൻ പറ്റത്തില്ല മനസ്സ് വളരെ സഞ്ചരിച്ചു കഴിഞ്ഞ ശേഷവും മനസ്സെവിടെ ആയിരുന്നു എന്നും അറിയാൻ പറ്റത്തുള്ളൂ മനസ്സിനെ ഒരിക്കലും തിരിച്ചറിവിക്കും മനസ്സ് വളരെ വിദൂരങ്ങളിലൊക്കെ സഞ്ചരിച്ചതിനു ശേഷം മനസ്സിലാക്കുന്നു ആ മനസ്സിങ്ങനെ പോയി എന്ന് മനസ്സിലാക്കുന്നു അത് നിയന്ത്രണമല്ലാതെ മനസ്സേത് വിഷയത്തിലേക്ക് പോയാലും അത് ചിത്രവിക്ഷേപം തന്നെ നിയന്ത്രണത്തോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന വിഷയത്തിൽ മനസ്സ് പോകുമ്പോൾ മാത്രമേ ചിത്ത വിക്ഷയം കൊടുങ്ങൂ വിക്ഷിപ്തചിത്തന് ഒരിക്കലും മനസ്സിന്റെ ഗതിയെ പിൻകൊണ്ടരാൻ പറ്റത്തില്ല മനസ്സ് വളരെ സഞ്ചരിക്കറിയുള്ളൂ മനസ്സ് ഇത്രയും സ്ഥലവും സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു നോട് ഇതെ തിരിച്ചറിയുന്നു സാധാരണ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഇതാണ് വിക്ഷിപ്തമാണ് പൊതുവെ മനുഷ്യരുടെ എല്ലാം മനസ്സും വിക്ഷിപ്തമാകുന്നു അങ്ങനെയുള്ള വിക്ഷിപ്തദിത്തനായിട്ടുള്ളവന് അതിന് കാരണം അദ്ധമായ വിഷയവാസനയാണ് മനസ്സ് ഇങ്ങനെ വിക്ഷിപ്തമാവുന്നതാണ് കാരണം വിഷയവാസനകൾ കൂടുതലുണ്ടെങ്കിൽ മനസ്സ് വിക്ഷിപ്തമായിരിക്കും ധ്യാനിക്കാനും ജയിക്കാനും എഴുതി കഴിഞ്ഞാൽ മനസ്സ് പൂർണ്ണ സമയം അറിയത്തില്ല വളരെ സമയം കഴിഞ്ഞിട്ടാണ് മനസ്സിനെ തിരിച്ചറിയുന്നത് അതിന് കാരണം വാസനകളാണ് ചിത്രചിതനം ബാഹ്യമായ വിഷയങ്ങളൊന്നും വേണ്ട ബാഹ്യ വിഷയങ്ങൾ കൂടാതെ തന്നെ മനസ്സ് മനസ്സ് കാരണം വിഷയങ്ങളെല്ലാം ഉള്ളിൽ കാണാം അന്ധകരണത്തിൽ തന്നെ ആ വിഷയങ്ങളിലേക്ക് പ്രേരണ കൊടുക്കാം വാഹനങ്ങളും അവിടെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടേരിക്കും മനോരാജ്യത്തിലായിരിക്കും അത് ചിത്രം ഇനി ആധ്യാത്മിക കാര്യങ്ങളിൽ തന്നെ മനസ്സ് പോയാലും അത് നിയന്ത്രണമില്ലാതെയാണ് പോകുന്നത് നിക്ഷേപമായിട്ട് കണക്കാക്കാൻ പറ്റും ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് മനസ്സറി പോകുന്നു അതുകൊണ്ട് പറയാൻ പറ്റത്തു അതിനും നിയന്ത്രണമില്ലാതെ മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ചിത്തവിക്ഷേപം തന്റെ ആഗ്രഹപ്രകാരം പോയാൽ മാത്രമേ അവിടെ നിക്ഷേപം ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ ഏത് വിഷയത്തിലായാലും ഭൗതികമായ ചെയ്യും അത് ചിത്തവിക്ഷേപമാണ് മനസ്സിനേതാകും ആത്മീയ കാര്യങ്ങളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സ് പക്ഷെ നിയന്ത്രണമല്ലെങ്കിലാണ് ഉച്ഛംഖലമായിട്ട് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അതായത് അടുക്കും ചിട്ടയും ഇല്ലാതെ വൃത്തിയും പിടിപ്പൊന്നും ഇല്ലാതെ മനസ്സിങ്ങനെ പല വിഷയങ്ങളും സഞ്ചരിച്ചോണ്ടിരിക്കും നിക്ഷേപം സിത്യത്തിന് ഉദാഹരണങ്ങളാണ് ബാഹ്യമായ പ്രവൃത്തി കൊണ്ട് അത് എങ്ങനെയാണ് ഒരു ദിവസം ഇന്ന് രാവിലെ അഞ്ചുമണിക്ക് ധ്യാനിച്ചാലും നാളെ രാവിലെ അഞ്ചരക്കായിരിക്കും മറ്റേ നാളെ ആറിനായിരിക്കും പിന്നെ രണ്ടു ദിവസം അത് കാണത്തില്ല വീണ്ടും തുടങ്ങും ഇന്ന് ഒരു മന്ത്രം ചോദിക്കും നാളെ വേറൊരു മന്ത്രം ചോദിക്കും ഇങ്ങനെ പല പരിപാടികൾ അത് ആത്മീയ വിക്ഷിപ്തചിത്തന്മാരും ഉദാഹരണമാണ് ഞങ്ങൾ ആത്മീയമാണ് ആചരണത്തിൽ താമസിക്കുന്നത് മനസ്സിലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല കൃത്യമായി കൃത്യനിഷ്ഠയോടു കൂടി ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല വിക്ഷിപ്തചിത്തമാണോ മനഃപൂർവ്വം കഴിയത്തില്ല വാസന അങ്ങനെപ്പോഴും നിധി ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആള് ചിത്രത്തിന് ഉളെ ഞാൻ പറഞ്ഞ ആത്മീയമായ മാർഗത്തിലായത് ശരി ഉച്ചയ്ക്ക് അനുസരിച്ചല്ല മനസ്സ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ ചിത്ര വിക്ഷേപം തന്നെ അവർക്ക് ഒരിക്കലും യാകാഗ്രമായി കൃത്യനിഷ്ഠയോടുകൂടി ഒരു പ്രവർത്തിക്കാൻ കഴിയത്തില്ല ഇന്ന് ചെയ്യുന്നതായിരിക്കും നാളെ ചേർന്ന് പറഞ്ഞോ അറിയാതെയോ അങ്ങനെ മനസ്സിൽ പെട്ടുകൊണ്ടിരിക്കും ഇന്നിപ്പറയും സമാഹിത ചിത്തമൊക്കെ ധാന ഫലാർത്ഥിത്വ സമാവും മനസ്സിന് യാഥാഗ്രഹമുണ്ട് അതിൽ സമാധാന ഫലാർത്ഥിത്വ പക്ഷേ അതിന്റെ ഭാരത്തെ ആഗ്രഹിക്കുന്നുണ്ട് ഫലത്തെക്കുറിച്ചുള്ള ഏവലാതി ഉത്കണ്ഠയുണ്ടെങ്കിൽ അത് ഉണ്ടായിരിക്കും അശാന്ത മനസ്സിനായിരിക്കും മനസ്സിന് ഒരാൾക്ക് ഏകാഗ്രതയുണ്ട് അയാൾ ആഗ്രഹിക്കുന്നിടത്ത് മനസ്സ് പോകുന്നുണ്ട് അയാൾക്ക് സാധനങ്ങളെല്ലാം മനസ്സിനെ പറപ്പിക്കാൻ കഴിയും ചിത്രസ്ഥൈര്യമുണ്ട് പക്ഷെ എന്നാൽ അവിടെയും അണേ അസമാധികളാകാം അനേകാഗ്രഹകാരം എങ്ങനെ അത് ചിത്രവിക്ഷേപങ്ങളെല്ലാം ഒളിങ്ങിയവർക്കാണ് ഒടുങ്ങിയവർക്കും വരാം എങ്ങനെ ഫലചിന്തുക്കുറിച്ച് ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും താൻ ചെയ്യുന്ന ഈ സാധനങ്ങളെല്ലാം ഫലവത്താവുന്നു മാർഗത്തിലും ലക്ഷ്യത്തിലും ഗുരുവിലും എല്ലാം ചിലപ്പോൾ അവിശ്വാസം തോന്നും ആ വിശ്വാസം വന്നിട്ട് ഫലത്തെക്കുറിച്ച് ജാഗ്രത ഉണ്ടാവും കാരണം ഫലം പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഫലം ഉണ്ടാകുന്ന വരില്ല അതിനെന്തെങ്കിലും ദുരിതഷ്ടം വിഗ്നം ഉണ്ടായിരിക്കും തടസ്സം ഉണ്ടായിരിക്കും അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പോൾ സാധനയെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും അവിശ്വാസം വരാം ഉത്കണ്ഠ വരാം ജനം സഫലമാകുമോ അത് ഇതൊക്കെ വ്യത്ഥമാകുമോ ഇത്തരത്തിലുള്ള ചിന്തകൾ വരാം അപ്പോൾ സമാധാന ഫലം അർപ്പിക്കുക സമാധാന ഫലത്തെ അർപ്പിക്കും അവൻ്റെ ഏകാഗ്രതയുടെ സാധനയുടെ ഫലത്തെ അവൻ ആഗ്രഹിക്കും ആഗ്രഹം കൊണ്ട് മനസ്സ് വിക്ഷിപ്തമാകും പലതരത്തിലുള്ള ചിന്തകൾ വരും ഭയം വരാ ഉത്കണ്ഠം വരാം ഇതെല്ലാം വരും സമാഹിതനായി എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് വീണ്ടും ശ്രദ്ധിക്കണം ഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ പിന്നെ വരാൻ പാടില്ല സംശയം വരാൻ പാടില്ല ഇതിനെല്ലാം കാരണം വാസനങ്ങളാണ് പക്ഷേ സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം ആ വാസന ലീജം ഉടലിടിക്കുന്നുണ്ട് അത് സാധനയുടെ മാർഗത്തിലും ലക്ഷ്യത്തിലൊക്കെ ആയിട്ട് ആ വാസനകൾ പ്രവർത്തിച്ചോണ്ടിരിക്കും വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഭയം ഉത്കണ്ഠ അതെല്ലാം മാറിയിരിക്കും പക്ഷെ സാധനയും ഫലത്തെയും കുറിച്ചുള്ള ഉത്കണ്ഠ ഭയം ഇതെല്ലാം നിൽക്കും അതൊന്നും പറഞ്ഞിരിക്കുന്നത് സമാഹിരചിത്വ എന്ന് പറയുന്നത് സമാഹിരചിത്വനാ അതായത് ചിട്ടവിഷയങ്ങളെല്ലാം ഉടങ്ങിയിരിക്കുക എന്നാഗ്രഹിക്കുന്ന വഴിയിൽ തന്നെ ആത്മീയമായ മാർഗത്തിൽ തന്നെ മനസ്സ് പക്ഷെ അങ്ങനെയാണെങ്കിൽ അവിടെയും വരും വിഷയം എങ്ങനെ ഫലം ചിന്ത കൊണ്ട് വരേണ്ട വിഷയമാണ് അത് അതാണ് അശാന്ത മനസഹ വ്യാപൃത ചിത്തവ ഏതെങ്കിലും തരത്തിലുള്ള ചിത്ത വ്യാപാരങ്ങൾ അനിയന്ത്രിതമായ ചിത്തവ്യാപാരങ്ങൾ ഇത് സാധ്യമല്ല ഈ പറയുന്ന വെളിപ്പെടല ആത്മതും വിളിപ്പെടും എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല എന്നാണ് പറഞ്ഞാൽ ഇതെല്ലാം പറയുന്നത് സാധകന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് സാധാരണ മനുഷ്യനെ ഉദ്ദേശിച്ചിട്ടല്ല ഒരാൾ ആധ്യാത്മികമാർഗ്ഗം സഞ്ചരിക്കുന്നു ആത്മ അന്വേഷണം നടത്തുന്നു പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളും ഈ പറയുന്ന എന്റെ ഗുണവും വരുന്ന അയാൾക്ക് ലക്ഷ്യത്തിലെത്താൻ അങ്ങനെയാണ് അവർക്ക് തെറ്റിൽ നോന്നു പറഞ്ഞു എന്താണോ വ്യാപൃത ചിത്ത ഏതെങ്കിലും തരത്തിലുള്ള ചിത്ത വ്യാപാരം ഇവിടെ ആദ്യം അശാന്തങ്ങളെ നടത്താൻ പറഞ്ഞു അവിടെ തന്നെ എന്താണ് സമാധാന ധനാർത്ഥിത്വ ഇന്ദ്രിയോലാ അശാന്ത ആദ്യത്തെ നടത്തും ഇന്ദ്രിയങ്ങളെ ലാളികൾ ഭഗവാൻ എന്നോട് താഴുന്ന ഇന്ദ്രിയങ്ങളെ ലാളികന്ന് പറഞ്ഞാൽ ചിത്രത്തെ ഏകാഗ്രപ്പെടുത്തുകയും മനസ്സിനെ നിയന്ത്രിക്കുന്നതിനും മറിച്ച് ഇന്ദ്രിയങ്ങളെ ബോധപൂർവ് ആളിക്കുന്നു അതുകൊണ്ട് അശാന്തത വരും പ്രത്യേകം പറഞ്ഞു ഇന്ദ്രിയാളന അത് തന്റെ നിയന്ത്രണം വിട്ട് ഇന്ദ്രിയ സഞ്ചരിക്കുന്നുണ്ട ബോധവനല്ലേ ഇന്ദ്രിയങ്ങളെ പ്രേണിപ്പിക്കുന്നു ഇന്ദ്രിയങ്ങളെ വഴിക്ക് പോകുന്നു ഇന്ദ്രിയാളന അവിടെ അതാണ് നേരത്തെ അശാന്ത ഫാർമ പറഞ്ഞത് അതുകൊണ്ടാണ് അശാന്തനാകുന്നു അനുഗരതനാകുന്നു അശാന്തൃത ഏത് എടുക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ കിട്ട വ്യാപാരമുള്ളവൻ എന്നർത്ഥം ഈ പറഞ്ഞ ഏതുമാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ അല്ലാതെ ആകാം എല്ലാത്തിനോടും കേടുത്താ പറയുന്ന അശാന്ത മനസ്സൻ മറ്റേ കാരണവും കൊണ്ട് സാധാരണ മനസ്സിന് വരുന്ന ഉച്ച കാണിച്ചു അശാന്ത മനസ്സൻ വ്യാപൃത ചിത്തം പോവാൻ അവന് സാധ്യമല്ല എന്നർത്ഥം എന്തുകൊണ്ട് പ്രജ്ഞാനം പ്രജ്ഞാനം കൊണ്ട് പ്രജ്ഞാന പ്രജ്ഞാനം കൊണ്ടാണ് അത് തന്നെ വിശദീകരിക്കുന്നത് എന്താണ് ഇവിടെ പ്രജ്ഞാനം ഈ ശബ്ദങ്ങൾക്കുള്ള ഓരോ സന്ദർഭങ്ങളിൽ അർത്ഥം ഇവിടെ പ്രജ്ഞാനം ബ്രഹ്മവിജ്ഞാനം ആത്മവിദ്യ അതുകൊണ്ട് ാണ് ഏനം പ്രകൃതമാത്മാവാനും ആത്മീയ പ്രാപിക്കേണ്ടതെന്ന് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക അശാന്തി മനോവ്യാപാരം അത് ഈ പ്രജ്ഞാനത്തിന് തടസ്സമാണ് പ്രജ്ഞാനം അവിടെ ഉണ്ടാകുന്നത് ആത്മാവ് സ്വയം വെളിപ്പെടുത്തുന്നു തന്നെ തന്നെ എന്നിവിടെ പറഞ്ഞപ്പോ അവിടെ ആത്മവിദ്യ കൂടാതെ വെളിപ്പെടുത്തും ഉണ്ടാവുന്ന അർത്ഥം ആത്മവിദ്യ ഉണ്ടായാലേ അത് വെളിപ്പെടുത്തുള്ളൂ കഴിഞ്ഞു പറഞ്ഞു വിവരണേ ധനവും ഹിസ്വം ഈ ആർണാവ് സ്വയം തന്നെ പ്രകാശിപ്പിക്കുന്നു ആർണാവ് സ്വയം തന്നെ പ്രകാശിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ഈ ആത്മവിദ്യ ആവശ്യം വേണ്ട സാധനയുടെ ആവശ്യമുണ്ട് ശ്രവണ മനാസനങ്ങളൊന്നും വേണ്ട ആത്മാവസ്വയം പ്രകാശിപ്പിക്കും ചിത്രശുദ്ധി അതും അധീന സിദ്ധാന്തത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് സാധന അങ്ങനെ പറയും ചിത്തശുദ്ധി നേടിയാൽ മതി ഞാനും തനി ഉണ്ടായിക്കോ പക്ഷെ അതില്ല ചിത്തശുദ്ധി തനി ഉണ്ടാകത്തില്ല ചിത്തശുദ്ധി ഉണ്ടാവണമെങ്കിൽ സാധന ആവശ്യമാണ് അല്ലാതെ അങ്ങനെ ചിത്തശുദ്ധി ഉണ്ടാകുമ്പോൾ തനി ഉണ്ടാകുമ്പോൾ സാധനമല്ല കാരണം കൂടാതെ കാര്യം എന്തെങ്കിലും ഒരു കാരണം വേണം ആ സാധനയാണ് സാധനങ്ങൾ ഉണ്ടാകത്തുള്ളൂ സാധന കൂടെ ആ സാധ്യത ഉണ്ടാകത്തുള്ളൂ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവും ഈശ്വരാനുഗ്രഹം ഗുരുവിന്റെ അനുഗ്രഹം എന്താ ഉണ്ടാവണമെങ്കിലും അവിടെ സാധന സാധന കൊണ്ട് അതിന് കാരണം അതിനെ കുറിച്ച് പറയുന്നതെന്ന് പറയും പാത്രമാണ് യോഗ്യനാണ് യോഗ്യനായവന് മാത്രമേ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ അത് ആവശ്യമാണ് പക്ഷേ അതിനെ ചോദിച്ചിട്ട് അപ്പം അവിടെ സാധന കൂടിയാണ് ഒരു രീതിയിൽ ചിത്തശുദ്ധിക്ക് സാധനമാണ് ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും തനിയെ പ്രകാശിക്കുന്ന പിന്നെ ഒന്നും വേണ്ട എന്ന് പറയും അതും അദ്ദേഹം അതനുസരിച്ച് അംഗീകരിക്കത്തില്ല അതിന് സാധനം വേണ്ട ഞാനും പ്രകാശിക്കണമോ സാധനം വേണം ഞാനെ സാധനങ്ങൾ ഇല്ലാതെ ഞാനും പ്രകാശിക്കത്തില്ല അതിന്റെ ഒരു ഭാഗമാണ് ചിത്തശുദ്ധി ആത്മാവ് സ്വയം പ്രകാശിപ്പിക്കുമെങ്കിൽ പിന്നെ ജ്ഞാനത്തിന്റെ ആവശ്യം തോന്നുന്നു എന്നും ചോദി നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ജ്ഞാനം കൊണ്ടല്ലോ ആത്മാവിനെ അറിയുന്നത് സ്വയം പ്രകാശിപ്പിക്കാൻ ജ്ഞാനത്തിന്റെ ആവശ്യം എന്തോന്നു അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഏതാവിന്റെ ശാസ്ത്രങ്ങൾ എല്ലാം പറയും ജ്ഞാനത്തിന്റെ ആവശ്യം എന്തിനു അജ്ഞാനത്തെ നശിപ്പിക്കുക ആത്മാവ് അതിന്റെ സ്വരൂപത്തെ സ്വയം പ്രകാശിപ്പിക്കാൻ ജ്ഞാനം ഒരിക്കലും ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നില്ല ശക്തി ജ്ഞാനത്തിനല്ല അതായത് വലിയൊരു തീജ്യാല അതിൽ നിന്ന് പറഞ്ഞൊരു ചെറിയ തീപ്പുരി അതിന് ആ തീജാലയെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല പ്രകാശിപ്പിക്കേണ്ട ആവശ്യവും തരത്തില്ല നമ്മൾ കഷ്ടപ്പെട്ട ആർജിക്കുന്ന ജ്ഞാനത്തിന് അടിക്കുന്ന ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ ഒപ്പത്തില്ല മറിച്ച് ജ്ഞാനത്തിന് ഒരു ജോലി ഉണ്ടാവണം ആ അപ്പോൾ ആത്മാവസയം വെളിപ്പെടുത്തുന്നു തന്നെ തന്നെ സാധകനും എന്ന് പറയുമ്പോൾ ആളുകൾ ബ്രഹ്മസൂത്രത്തിന് ചർച്ച ചെയ്തിട്ടുള്ള കർത്തൃതന്ത്രം വസ്തുതന്ത്രം നോക്കാം അങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള അപ്പോ ഈ നമ്മുടെ പ്രയത്നം കൊണ്ടിട്ട് സാധ്യമല്ല എന്ന് പറയുന്നു പ്രയത്നത്തിന് പ്രയോജനം എന്നുള്ളതല്ല പ്രയത്നത്തിന് ഒരു പരിധി വരെ പ്രയത്ന സഫലമാണ് പ്രയോജനം ഉണ്ട് അപ്പൊ ചിത്തശുദ്ധി ജ്ഞാനപ്രാപ്തി പറഞ്ഞ വിദ്യയിലെ പ്രാപ്തി അങ്ങനെല്ലാം പ്രയത്നമാവശമാണ് അതെല്ലാം കൊണ്ട് ഈ പരമാത്മാവിനെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല അത് സ്വയം പ്രകാശിക്കും പക്ഷെ അതിനു മുമ്പുള്ള ഇപ്പൊ ചിത്തത്തിന്റെ മാലിന്യങ്ങൾ നീക്കാൻ അവന് ചിത്തശുദ്ധി ആവശ്യമാണ് അപ്പൊ ചിത്തശുദ്ധിക്കുവേണ്ടി പ്രയത്നിക്കുന്നു പലപ്പോഴും മനസ്സിന്റെ ഏകാഗ്രത വേണം ചിത്തശുദ്ധി വേണം അപ്പം ഏകാഗ്രത കൊണ്ട് അതിന്റെ വിക്ഷേപങ്ങൾ ചിത്രശുദ്ധിയുണ്ട് മാലിന്യങ്ങൾ ഇല്ലാതാവുന്നു ചിത്രമായി കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനസാധനങ്ങൾ ശ്രവണമാണ് യഥാസനമാണ്ണ്ട് ഞാനുണ്ടാവുന്നു അങ്ങനെ പ്രജ്ഞാനം എന്നിവിടെ പ്രത്യേകം പറഞ്ഞത് പ്രജ്ഞാനേനും ആത്മീയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞ മന്ത്രത്തിൽ സഞ്ചരിക്കുന്നതിനനുസരിച്ച് ജ്ഞാനം വ്യത്ഥമാണ് എന്ന് തോന്നുന്നു ഞാന പിൻ ലാവിച്ച് നമ്മൾ സാധനങ്ങൾ ചെയ്യുന്നു അവസാനം ആത്മാവസം തന്റെ രൂപത്തെ വെളിപ്പെടുത്തുന്നു ഞാനത്തിനവിടെ ആത്മവിദ്യയ്ക്ക് ബ്രഹ്മവിദ്യ പ്രസക്തി ഇല്ലാതെ അങ്ങനെയല്ല നമ്മൾ ആ ജീവന്റെ യത്നമുണ്ട് അതായത് സാധന ചോതിഷ്ഠയ സമ്പത്തി എന്നാണ് നാം പറയുന്നത് ആ സാധന ചോതിഷ്ഠയ സമ്പത്തിയുടെ പൂർണ്ണതയിൽ ശാസനങ്ങളിലൂടെ അവൻ നേടിയെടുക്കുന്ന ജ്ഞാനം പരിശ്രമിച്ചുണ്ടാകുന്ന ആ ജ്ഞാനം അത് ഫലവട്ടാവുന്നതങ്ങനെ ആ ജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ട് പിന്നീട് ആ ജ്ഞാനത്തിന് പ്രയോജനമില്ല ജ്ഞാനവും വ്യർത്ഥമായിട്ടിരുന്നു അത് സ്വയം പ്രകാശിപ്പിക്കുന്നു അതുകൊണ്ട് ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ ആത്മവിദ്യയുടെ പ്രാധാന്യത്തെ കുറച്ച് കാണാൻ പറ്റുന്നു ചിത്രശുദ്ധി നേടിയാൽ മതി ആത്മാവ് കഴിഞ്ഞ് പ്രകാശിച്ചോളൂ എന്ന് പറയാൻ പറ്റത്തില്ല ചിത്തശുദ്ധി നേടിയാൽ അജ്ഞാനം നശിക്കട്ടില്ല എന്ന് സംശയമുണ്ട് ചിത്തശുദ്ധി നേടിയാൽ മതിയല്ല അവിജേകങ്ങൾ നഷ്ടപ്പെടുകയുള്ളൂ ശുദ്ധി വരുമ്പോൾ അശുദ്ധി പോവും അത് സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ട് ചിത്തം എന്ന് പറയുന്ന അജ്ഞാനകാര്യമാണ് അജ്ഞാനകാര്യമായിരിക്കുന്ന ചിത്തത്തിലാണ് അശുദ്ധിയുള്ളത് വാസനകളും മറ്റും കൊണ്ടുവരുന്ന ആ ശുദ്ധി ആ ചിത്രത്തിലാണ് അപ്പൊ ആ ചിത്രത്തെ ശുദ്ധമാകുമ്പോൾ ചിത്രം നശിക്കുന്നില്ല ചിത്രത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനം നശിക്കുന്നില്ല പാത്രത്തിലിരിക്കുന്ന കരി തേച്ച് കഴിയുമ്പോൾ കഴി കളുമ്പോൾ പാത്രം ഈ അജ്ഞാനം ഈ മാലിന്യങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന എന്തിനാ ആത്മാവിനെ എന്താ മനസ്സിൽ ചിത്രത്തെയാണ് ചിത്രത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഈ മാലിന്യങ്ങളാണ് രാവിലെ ധ്യേഷൻ ചിത്തവൃത്തികളാണ് രണ്ട് തരത്തിൽ അനു മത്സരിക്കുന്നു ഒന്നും ആ ചിത്രവൃത്തികൾക്ക് പകരം അതിന്റെ സ്ഥാനത്ത് വേറെ ചിത്രവൃത്തികളെ ഉണ്ടാക്കും അലവിൽ ആ ചിത്രവൃത്തികളെ നശിപ്പിക്കുക രണ്ടുപേരത്തിലായാലും ശുദ്ധീകരണം നിലക്കുന്ന അന്ധകരണത്തിനാണ് ആത്മാവനം അപ്പോൾ ശുദ്ധീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ സദ്വാസനകൾ പറഞ്ഞാൽ ചിത്രത്തിൽ നിലനിൽക്കുന്നു അപ്പൊ ചിത്രം അവിടെ നിലകുന്നു ചിത്രനാശം സംഭവിക്കുകയല്ല ചിത്രനാശ സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് കാരണമായിരിക്കുന്നു നശിച്ചാലെ പറ്റി അതിന് കാരണമായിരിക്കുന്നു അജ്ഞാനം അജ്ഞാനം നശിക്കുന്നു അജ്ഞാനത്തെ നശിപ്പിക്കാൻ ഈ ചിത്രത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയകൾ കൊണ്ടും സാധ്യമല്ല അത് ചിത്രത്തിന്റെ ശുദ്ധീകരും അവിടെ സാത്വികത സാത്വിക ഭാവങ്ങൾ വർദ്ധിക്കും വരെ ഒന്നാണ് സത്യരജ തമവും രൂപത്തിലിരിക്കുന്ന ചിത്രത്തിൽ ചിത്തശുദ്ധിക്ക് വേണ്ട അഭ്യാസങ്ങൾ കൊണ്ട് അവിടെ സാത്വികഭാവം വർദ്ധിക്കും അതുകൊണ്ട് ഇവിടെ ജ്ഞാനം ഉണ്ടാകത്തില്ല തനിയും ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് കാരണം കൂടാതെ കാര്യം ഉണ്ടാകത്തില്ല അതുകൊണ്ട് അപ്പോ ചിത്തശുദ്ധി കൊണ്ട് നേടുന്നെന്താണ് ചിത്തപ്രസാദം സാത്വിക ഭാവം സത്വദ്രയോ മറ്റേ അതേ സംഭവിക്കത്തുള്ളൂ അപ്പൊ ചിത്രത്തോന്ന് പരിഷ്കരിക്കാൻ പറ്റും സംസ്കരിക്കാൻ പറ്റും ചിത്തനാശം സംഭവിക്കത്തില്ല അഭിമുശങ്ങളും കല്ലുകളും അതിന് കാരണമായിരിക്കുന്ന അജ്ഞാനം നശിപ്പിക്കുന്നത് ഇത് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആ അജ്ഞാനനാശത്തിന് ജ്ഞാനം കൊണ്ടേ സാധ്യമാണ് ചിത്തശുദ്ധി കൊണ്ടൊന്നും മേശിക്കരുത് ചിത്തശുദ്ധികൊണ്ട് ചിത്തം വാങ്ങിഞ്ഞു ചിത്തശുദ്ധികൊണ്ട് ഞാനെന്തെങ്കിലും ഉണ്ടാകത്തില്ല ഞാൻ സാധനങ്ങളൊണ്ടേ ഉണ്ടാകത്തുള്ളൂ അപ്പൊ ആ സാധനങ്ങളുടെ പരമാവസ്ഥയിൽ അതായത് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള സാധനകൾ പിന്നെ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഈ സാധനങ്ങളുടെ പരമമായ ഒരവസ്ഥയിൽ ആ ജ്ഞാനം കൊണ്ട് ഞാനാകും സർവകർമാണി ഭസ്മ സാത് പുരുതീയർജുനും മറ്റേ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന പോലെ ആ ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുന്നു ആ ജ്ഞാനത്തെ ഭസ്മമാക്കും ഇല്ലാതാക്കും അതോ അവിടെ തീർന്നു പിന്നെ ബ്രഹ്മവിദ്യനിഷ്ഠം അപ്പം ബ്രഹ്മവിദ്യ നിഷ്പ്രയോനമായി തീരുന്നു അതുകൊണ്ടാണ് വേദത്തിൽ പറയുന്നത് അവേദാഭവന്തിയോടെ വേദം വേദമല്ലാതായി തീരുന്നു ആത്മവിദ്യ ആത്മജ്ഞാനം നിഷ്പ്രയോനമായി തീരുന്ന ഒരവസ്ഥയാണ് പ്രയോജനശൂന്യമായിട്ട് തീരുന്നത് ഇപ്പോ ആത്മജ്ഞാനം ആജ്ഞാനത്തെ നശിപ്പിച്ചു കഴിയും പ്രയോജനമായി തീരുന്നത് ഈ ആത്മജ്ഞാനം പോലും ആജ്ഞാനത്തിന്റെ ഒരു കാര്യമാണ് അജ്ഞാന ഏരവിനെ നേടിയാലാണോ വേറൊരറിവ് നേടേണ്ട ആവശ്യമില്ലാതെ വരുന്നത് എന്ന് പറയുന്നത് ഈ ആത്മവിദ്യയെ കുറിച്ചാണ് ആത്മവിദ്യ അജ്ഞാനത്തിന്റെ സഖ്യ എന്തുകൊണ്ട് അജ്ഞാന എന്ന് പറയുന്നു സാധനവും സാധ്യവും എല്ലാം അജ്ഞാനാവസ്ഥയിലാണ് എല്ലാ സാധനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ബന്ധനസ്ഥനായ ജീവനിലാണ് ജീവത്വം എന്ന് പറയുന്ന ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനമാണ് സാധനവും സാധ്യവും എല്ലാം ഈ അജ്ഞാനത്തിലാണ് അജ്ഞാനം സൃഷ്ടിച്ചതാണ് വേദം അജ്ഞാനം സൃഷ്ടിച്ചതാണ് സാധനങ്ങൾ അജ്ഞാനം സൃഷ്ടിക്കുന്നതാണ് ഈ ജ്ഞാനം അപ്പോൾ ആ ജ്ഞാനം പക്ഷേ സാധാരണ ഉണ്ടായിരുന്ന ജ്ഞാനത്തിൽ നിന്നും ആ ജ്ഞാനത്തിന് ചരമജ്ഞാനും അതിന് പ്രത്യേകത കൊണ്ട് സാധാരണ ജ്ഞാനങ്ങൾ എന്ന് പറയുമ്പോൾ വളരെയധികം മാലിന്യങ്ങളോടുകൂടി രജസ്ഥോ മാലിന്യങ്ങളോടുകൂടി രജി തമസിന്തി മാലിന്യങ്ങളോടുകൂടിയാണ് പക്ഷെ ഇവിടെ പറയുന്ന ജ്ഞാനം പറയുന്നത് അശുദ്ധ സാത്വികമായ ഭാവത്തോടുകൂടിയാണ് മാലിന്യങ്ങളില്ലാത്തതാണ് അതുകൊണ്ടാണ് അങ്ങനെ അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയുന്നത് ആ ജ്ഞാനത്തിന് മറ്റൊരു ജ്ഞാനത്തിനാണ് നശിപ്പിക്കാൻ പറ്റില്ല ആ ജ്ഞാനത്തിനാണ് പറയുന്നത് അപരോക്ഷ ബ്രഹ്മാനുഭൂതി എന്നെല്ലാം മറ്റും പറയും ആ ജ്ഞാനവും നശിക്കും അതുകൊണ്ടാണ് ശ്രുതി തന്നെ പറയുന്നത് അനുഭവാതീതം ബ്രഹ്മ ശ്രുതി എന്ന് പറയുന്നു ഇതെല്ലാം ശ്രുതി പ്രമാണമാണ് ശ്രുതിയുടെ താല്പര്യം അനുഭവാതീതം ഏതോ അവിടെ നശിച്ചുപോകുന്നു എന്ന് പറയും എന്നത് ഈ ആത്മജ്ഞാനവും നശിച്ചു പോകും ടക്കുന്നവന് പിന്നെ തോണിയുടെ ആവശ്യം ഈ അജ്ഞാനം നശിച്ചതിന് പിന്നെ ഈ ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട് അതവൻ ചുമക്കേണ്ട കാര്യമില്ല അവളെ ശേഷിക്കത്തില്ല അത് അജ്ഞാനകാര്യമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു കാരണം നശിച്ചു കഴിഞ്ഞാൽ കാര്യം നശിക്കുന്നു പിന്നീട് ആവശ്യമില്ല ആത്മജ്ഞാനത്തിന്റെ പക്ഷെ അവനൊന്നും പാവസമുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് പ്രജ്ഞാനേന ബ്രഹ്മവിജ്ഞാനേന ഒരു സാധനണ്ട് എല്ലാശ്രമം കൊണ്ട് ചർമ്മഫലമായി വരുന്ന അന്തിമ ഫലമായി വരുന്ന ആ ബ്രഹ്മവിജ്ഞാനം അത് ഉണ്ടാകണം ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാകണം അതുകൊണ്ട് എന്റെ ഈ നിയനും പ്രകൃതം ആത്മാനം ആത്മീയം അതുകൊണ്ട് വേണം ഈ ആത്മാവിനെ നേടേണ്ടത് അപ്പൊ ആ ബ്രഹ്മവിദ്യ ആത്മവിദ്യയില് ആത്മഞ്ജാനക്കുണ്ട് പ്രസക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ പ്രയോജനത്തെ അതും ഈ മന്ത്രത്തിൽ എടുത്തു പറയുക ഇല്ലെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതും ഉണ്ടായിപ്പോഴും ശുദ്ധമായ മതി എന്നുള്ള അബദ്ധധാരണങ്ങളിൽ ചെറുപ്പ കുടി അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയുന്നത് ബ്രഹ്മവിജ്ഞാനം കൊണ്ട് ഈ ആത്മാവിനെ നേടണം അവിടെ അടുത്ത് ഒന്ന് സംക്ഷേപിച്ച് ചുരുക്കി പറയുകയാണ് അടുത്ത ഭാഷയത്തിൽ ഏതൊരുവനാണോ ദുസ്തരിത ഇന്ദ്രിയ ലോദ്യ ദുരാചാരങ്ങളിൽ നിന്നും ഇന്ദ്രിയ ലാവന ഇന്ദ്രിയപ്രീണനങ്ങളിൽ നിന്നും വിരമിച്ച് സമാഹിത ചിത്ത സമാഹിത അതിന്റെ വ്യാഖ്യാനമാണ് സമാഹിത ചിത്തനാണ് അശാന്തമാണത് സമാധാന ഫലാതപതി ഉപശാന്ത മനസം സമാധാന ഫലം സാധനാഫലം പ്രത്യേകാഗ്രത്തിന്റെ ഫലം അതിനെക്കുറിച്ചും ചിന്തിക്കാത്തവണ് അതാണ് സമാധാന ഫലാതപത്തി ഉപശാന്ത മനസ്സം അതിനെക്കുറിച്ചും ചിന്തിക്കാത്തവന് ഉപശമിച്ചവൻ മനസ്സ് എന്നാ ശ്രീ പറയാത്ത ഒരു കാര്യം കൂടി പറയുന്നു കാഷ്യനാഥൻ സമ്മർപ്പം അനുസരിച്ചെന്താണ് ആചാര്യവാൾ ഗുരുത്വമുള്ളവൻ എന്ന് അതുകൊണ്ട് വേണം ഇത്രയും മാത്രം മതിയോ അവിടെ ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട് പറയുന്നു കുടിയെത്തീരും അത് ഒഴിവാക്കാൻ പറ്റപ്പെട്ടു ഗുരുവിന്റെ സഹായമില്ലാതെ ഈ പറയുന്ന ബാക്കി ഒരു സാധനങ്ങൾ പ്രയോജനപ്പെടുത്തില്ല എല്ലാം നിഷ്പ്രയോജനമാണ് ആചാര്യവാൻ പുരുഷ മറ്റെടുത്ത് പറയും ആചാര്യൻ ഗുരുവുള്ള ഗുരുവൻ മാത്രമേ എന്നെ അറിയുന്നുള്ളൂ പല സംശയങ്ങളും അങ്ങനെ ഒരു ഗുരു വേണം ഈശ്വരൻ തന്നെ ഗുരുവായു വരത്തിന്റെ കൂടെ ഒരു ഗുരു വേണമെന്നെ കുറിച്ച് അതെല്ലാം ഓരോരുത്തരുടെ യോഗ്യ അനുസരിച്ച് പക്ഷെ ഗുരു പുരീ ദേവരു ആയാലും ശരി പ്രകൃതി ആയാലും കൊള്ളാം ഈശ്വരനായാലും കൊള്ളാം മനുഷ്യനായാലും കൊള്ളാം ദേവനായാലും കൊള്ളാം ഒരു ഗുരു ഒരു ആചാര്യമാണ് അതെല്ലാം സാധ്യമല്ല അങ്ങനെ ഈ സാധന സമ്പന്നനായി ആചാര്യനും പ്രജ്ഞാനേനും ഏനം യഥോക്തം ആത്മാനം പ്രാപ്തവധി അത് പറയുന്നുണ്ട് മറ്റു സന്ദർഭങ്ങളിൽ ഇവിടെ തന്നെ അതായത് ശാസ്ത്രത്തിൽ നിന്നും ജ്ഞാനം നേടിയാലും ഒരു യോഗ്യനായ അധികാരിക്ക് ഇതിൽ സിദ്ധനായ ആത്മവിധ്യയിൽ സിദ്ധനായ ഒരു ഗുരുവിൽ നിന്നുള്ള ഉപദേശം കൊണ്ട് മാത്രമേ ആ ഒരു ഉപദേശം മാത്രമേ അന്തിമമായ ആത്മ സാക്ഷാത്കാരത്തിന് ഉപകരിക്കത്തുള്ളൂ അപരോക്ഷമായ സാക്ഷാത്കാരത്തിന് ഒരു ഗുരുവിന്റെ ഉപദേശം കൂടിയേ തീരൂ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഗുരുവിനെ കൂടെ സാധ്യതയല്ല എന്നാലേ അന്തിമമായ ഫലം യോഗ്യനായ ഒരധികാരിക്ക് പെട്ടത്തുള്ളൂ അതും അങ്ങനെ ഒരു ഗുരു ഉപദേശിക്കുന്നതിന് ശിഷ്യൻ യോഗ്യനായിരിക്കണം യോഗ്യനായൊരു ശിഷ്യനെ മാത്രമേ അങ്ങനെ ഒരു ഗുരുവിൽ നിന്നുള്ള ഉപദേശം ഉണ്ടാകത്തുള്ളൂ അത് രണ്ടും യോജിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രജ്ഞാനേന പ്രജ്ഞാനം കൊണ്ട് ഈ പറയുന്ന ആത്മവിദ്യ കൊണ്ട് ബ്രഹ്മവിദ്യ കൊണ്ട് ഏനം യഥോക്തം ആത്മാനം പ്രാപ്നോ ഈ ആത്മാവിനെ പ്രാപിക്കുന്നു അവിടെ പറയുന്നു പ്രജ്ഞാനം എന്ന് വെച്ചാൽ ജീവൻ ബ്രഹ്മ പരമാത്മാവാണ് അവിടെ പ്രജ്ഞാന ശബ്ദത്തിന് ജീവാത്മാവെന്ന് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പ്രജ്ഞാന ശബ്ദത്തിന് ജീവാത്മാവ് ബ്രഹ്മ പരമാത്മാവ് തത്വമസീവമസീലത്വം എന്ന് പറയുന്ന സ്ഥാനത്താണ് പ്രജ്ഞാനം എന്ന് പറയുന്ന സ്ഥലം ഇവിടെ പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മവിദ്യ പ്രജ്ഞാനേന ഏനം അപ്ര അപരോക്ഷജ്ഞാനം അങ്ങനെയുണ്ട് പ്രജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ രണ്ട് മന്ത്രങ്ങളെയും താരതമ്യപ്പെടുത്തി വേണം അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നാളെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രം മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആശയക്കൊപ്പം വരും കഴിഞ്ഞ മന്ത്രത്തിൽ ആത്മാവിസ്വയം വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു രണ്ടാമത്തെ മന്ത്രത്തിൽ ആത്മാവിനെ ജ്ഞാനം കൊണ്ടറിയണമെന്നും പറഞ്ഞു ഇതിന്റെ രണ്ടിലും വരുന്ന വിരോധങ്ങൾ പരിഹരിച്ച് വേണം അതിന്റെ ആശയത്തെ മനസ്സിലാക്കേണ്ടത് ർത്ഥം ദുശ്ചരിത ദുരാചാരത്തിൽ നിന്നും അതിരത വിരമിക്കാത്തവൻ അശാന്ത ഇന്ദ്രിയങ്ങളെ ലാളിക്കുന്നവൻ അസമാഹിത നിക്ഷിത്ത ചിത്രമുള്ളവൻ അശാന്തമായ ഫലചിന്ത കൊണ്ട് അസ്വസ്ഥനാകൻ അസ്വസ്ഥനാകനോ ആത്മാവിനെ പ്രാപിക്കുന്നില്ല ഈനം ഈ ആത്മാവിനെ പ്രജ്ഞാനേന ആത്മവിദ്യ കൊണ്ട് यहमचत्री ओदनह मृत्यु योपेजन क्था वेद यहम च्षत्र उदन है मृत्यु येजनम क्थ वेद्रेमचुत्र मैत्रेयेचन क्धेद्र सह यहां अनेकं भूत यमन छत्र ब्रह्मेधर्मारके अभी ഭൂത നേരത്തെ പറഞ്ഞത് ദുരാചാരി ഇന്ദ്രിയ മനസ്സിന് ഏവാകരില്ലാത്തവൻ അങ്ങനെ അല്ലാത്തവൻ സാധനസമ്പന്നം യസ്യ ആത്മന ഈ ദുരാത്മാവിനാണോ ്രഹ്മ ബ്രഹ്മക്ഷത്രേ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രാഹ്മണൻ എന്നർത്ഥം ബ്രാഹ്മണൻ എന്നർത്ഥം ക്ഷത്രവും വെച്ചാൽ ക്ഷത്രിയൻ ബ്രാഹ്മണനും ക്ഷത്രിയനും ബ്രഹ്മജത്രം വെച്ചാൽ ബ്രഹ്മക്ഷത്രേ ബ്രാഹ്മണനും ക്ഷത്രിയൻ എന്താണത് സർവധർമ്മവിധാരകേ സർവധർമ്മങ്ങളെയും നിധാരണം ചെയ്യുന്നവൻ സർവധർമ്മങ്ങളെയും ധരിക്കുന്നവൻ വിശേഷിച്ച് ധരിക്കുന്നവൻ ധർമ്മങ്ങളെ നിലനിർത്തുന്നവർ ആണ് ബ്രാഹ്മണരും ക്ഷത്രിയരും ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ പ്രതീകം ക്ഷത്രിയൻ എന്ന് പറയുന്നത് ശക്തി പ്രതീകം ജ്ഞാനവും ശക്തി ഇതാണ് ധർമ്മത്തിൽ നിന്ന് നടത്തുന്നത് ്രഹ്മക്ഷത്രങ്ങൾ ഇവിടെ പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചല്ല മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ മനുഷ്യരുടെ ഇലക്ക് പ്രാണികളുടെ ഇലക്ക് ധർമ്മത്തെ നിലനിർത്തുന്നത് ഈ രണ്ടെണ്ണം കൂടി ചേരുന്നതാണ് ജ്ഞാനവും ശക്തിയും ആ ജ്ഞാനത്തിന്റെ പ്രതീകമായിട്ട് ബ്രാഹ്മണനും ശക്തിയുടെ പ്രതീകമായിട്ട് ക്ഷത്രിയനും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ശരിയായ ജ്ഞാനവും ശരിയായിട്ടുള്ള ശക്തി ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ധർമ്മം നിലനിൽക്കുന്നത് അതാണ് സർവധർമ്മവിധാ വർണ്ണിം എന്ന് പറയുന്ന വ്യവസ്ഥയുടെ തത്വം ഇതാണ് ബ്രാഹ്മണൻ വിവേകപൂർവം ധർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊടുക്കുന്നു അവൻ ബ്രാഹ്മണന്റെ ധർമ്മമാകാം ധർമ്മജ്ഞാനം കൊടുക്കുക സമൂഹത്തിൽ എന്താണ് ധർമ്മം എന്താണ് ആ ധർമ്മം ശരിയായ ജ്ഞാനം കൊടുക്കുകയാണ് ബ്രാഹ്മണന്റെ ധർമ്മം ക്ഷത്രിയന്റെ ധർമ്മം കൊണ്ടാണ് അതിനെ പ്രായോഗികമാക്കുക നിലനിർത്തുക രാജശാസനത്തിലൂടെ ധർമ്മത്തെ സമൂഹത്തെ നിലനിർത്തുക ധാർമ്മികമായി ജനങ്ങളെ നയിക്കുക അതിനാണ് രാജശാസൻ ബ്രാഹ്മണൻ്റെ സ്മൃതികളല്ലായിരുന്നു കാരണം അത് ബുദ്ധിയുടെ പ്രവർത്തനമാണ് സൂക്ഷ്മമായി ധർമ്മധർമ്മങ്ങൾ അവരോട് തിരിച്ചറിഞ്ഞ് ധാർമ്മികമായ നിയമങ്ങളെല്ലാം രചിക്കുന്നതാണ് ബ്രാഹ്മണന്റെ ബ്രാഹ്മണൻ്റെ അത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ധർമ്മം എന്താണ് ധർമ്മം അത് ബുദ്ധിയോട് ഗ്രഹിക്കേണ്ട കാര്യമാണ് അതൊരു സമൂഹത്തിൽ നടപ്പിലാക്കണമെങ്കിൽ അവന് രാജശക്തി ക്ഷാത്രശക്തികൾ ക്ഷേത്രയിൽ നിന്ന് നടപ്പിലാക്കും ഇതാണ് ചാദർ പറഞ്ഞ വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പം സമൂഹം ധാർമ്മികമായി ബാക്കിയുള്ള എല്ലാ ജനങ്ങളും ഈ ബ്രഹ്മക്ഷത്രം സർവധർമ്മവിധാര സർവധർമ്മത്തെയും നിലനിർത്തുന്ന ഈ ബ്രാഹ്മണക്ഷത്തിയിലൂടെ ഈ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ സമൂഹം മുഴുവൻ ക്ഷേമത്തിൽ എന്നാണ് സങ്കല്പം കഴിയണം എന്നാണ് നാളും ബ്രാഹ്മണിന്റെയും ക്ഷത്രിയന്റെയും ദൗത്യം ധർമ്മം അതാണ് നാളും ബ്രഹ്മക്ഷത്രി സർവധർമ്മ വിധാരകയും ധർമ്മങ്ങളെല്ലാം സമൂഹത്തിന്റെ ക്ഷേമം ഈ രണ്ട് വർഗത്തെ ആശ്രയിക്കാണ് ഇരിക്കുന്നത് ബ്രാഹ്മണനും ക്ഷത്രിയും സമൂഹത്തെ തന്നെയാണ് പറയുന്നത് സമുദായത്തെ തന്നെ പറയുന്നത് ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗവും ക്ഷത്രിയർ എന്ന് പറയുന്ന ചാദർ പറഞ്ഞിട്ടുള്ള പ്രധാനമായിരുന്ന രണ്ട് വർഷം അവർ അവർ കൂടി ഈ ബ്രാഹ്മണരും ക്ഷത്രിയരും കൂടി ആ വിഭാഗങ്ങൾ കൂടി എന്താണ് ഇന്ന് സർവപ്രാണഭൂതയും സർവത്തിന്റെയും പ്രാണമായിരിക്കുന്നു പ്രാണെന്നു വെച്ചാൽ പ്രധാനപ്പെട്ടാണ് സർവപ്രധാനമായിരിക്കുന്നവരാണ് പ്രാണെന്നു വെച്ചാൽ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടാണ് പ്രാണൻ പ്രാണനു വേണ്ടി ബാക്കിയെല്ലാം തിരിക്കുന്നു അതുകൊണ്ട് പ്രാധാന്യം അതുകൊണ്ടാണ് സർവപ്രാണഭൂതി എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബ്രഹ്മക്ഷത്ര ശക്തികൾ ബ്രാഹ്മണക്ഷത്രീയ വിഭാഗങ്ങൾ കൂടി ഓദന അസനം ഭവതഹ സ്യാദാം അതുകൂടി എന്താണ് ീരുന്നുണ്ട് ഭക്ഷണമായി തീരുന്നു ഈ സമൂഹത്തെ മുഴുവൻ നിലനിർത്തി കൊണ്ടുപോകുന്ന രണ്ട് പ്രധാന ശക്തികൾ അതുകൂടി ഭക്ഷണമായി തീരുന്നു എന്ന ആത്മാവിനൊന്നാണ് ഈ പരമാത്മാവിനെ നമ്മൾ ഇവിടെ വലുതായി കാണുന്നതൊന്നും ബ്രാഹ്മണന്റെ ബുദ്ധിയുടെ വിലാസം അതാണ് സമൂഹത്തിൽ കാണുന്നത് ക്ഷത്രിന്റെ ശക്തിയുടെ പ്രകടനമാണ് സമൂഹത്തിൽ കാണുന്നത് അങ്ങനെ കാണുന്ന ഇതെല്ലാം ഇതുകൂടി എന്ത് ചെയ്യുന്നു വിവരം ഭക്ഷണമായി തീരുന്നു അത് മാത്രമല്ല പറയുന്നു സർവഹരോ മൃത്യുഹ സർവഹരം സർവത്തെയും ഹനിക്കുന്നവൻ നശിപ്പിക്കുന്നവൻ സംഹരിക്കുന്നവൻ ഹരിക്കുക സംഹരിക്കുക ആ ആണ് മൃത്യു മൃത്യുദേവൻ മൃത്യു യമദേവൻ സ്വയം പറയുകയാണ് സർവത്തെയും ഹരിക്കുന്നവളാണ് മൃത്യു കാരണം ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും മനുഷ്യൻ കാണുന്ന എന്താണ് ജിത്വം കാണുന്ന പ്രതാപം ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും പ്രതാപമാണ് എപ്പോഴും കാണുന്നത് ബുദ്ധിയുടെയും ശക്തിയുടെയും പ്രതാപമാണ് എല്ലാ കാലത്തും ബ്രാഹ്മണൻ എന്നും ക്ഷത്രിയൻ എന്നുള്ള പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് കാണുന്നു അങ്ങനെയാണ് സമൂഹത്തിൽ ബുദ്ധിയുള്ളവൻ ബുദ്ധിയില്ലാത്തവനാണ് അവന്റെ പ്രതാപങ്ങൾ കാണിക്കുന്നു ശക്തിയുള്ളവൻ ശക്തി ഇല്ലാത്തവൻ അവന്റെ പ്രതാപങ്ങൾ കാണിക്കുന്നു അവനെ ഭരിക്കുന്നു നിയന്ത്രിക്കുന്നു നടത്തുന്നു ശരിയായ രീതിയിലായ തെറ്റായ രീതിയിലായും മനുഷ്യന്റെ സമൂഹത്തിൽ എപ്പോഴും ഈ നടക്കുന്നത് ബ്രാഹ്മണ ക്ഷത്രിയരുടെ ആധിപത്യമാണ് ഏത് അങ്ങനെ നടക്കട്ടും അതാണ് മനുഷ്യനെ കാണുന്ന സർവ്വ പ്രതാപങ്ങളോ അതാണ് ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും പ്രതാപമാണ് ാഹ്യമായി ലോകത്ത് കാണുന്നത് സമൂഹത്തിൽ കാണുന്ന ഈ രണ്ട് പ്രതാപങ്ങളാണ് ബ്രാഹ്മണന്റെ ക്ഷത്രിയും പ്രതാപം അത് വളരെ നിസ്സാരമാണ് പരമാത്മാവിന് അത് നിസ്സാരമാണ് അത് മാത്രമല്ല ഈ പ്രതാപങ്ങളെ കൂടി അവസാനിപ്പിക്കുന്നതാണ് മൃത്യു മൃത്യുദേവ് ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും കൂടി സംഹരിക്കുന്നതാണ് ബ്രാഹ്മണൻ ക്ഷത്രിയനും മറ്റുള്ളവരെല്ലാം സംഹരിക്കും അവരുടെ പ്രതാപത്തിന് അവരുടെ തേജസ്സിനു ബാക്കിയുള്ള എല്ലാം കീഴ്പെട്ടുപോകും ാണ് മറ്റുള്ളവരെ സംഹരിക്ക അവർക്ക് അധീനമായി കൂടുന്ന ലോകം മുഴുവൻ ഏത് കാലം അവരും അധീനനാകുന്നു മൃത്യുവിന് അങ്ങനെയാണ് മൃത്യ കൂടി ഉപസേചനം ഉപസേചനം വെച്ചാൽ കറി ചുവർണ്ണങ്ങളെയാണോ കറി ഈ പരമാത്മാവിന് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രതാപശാലികളാണ് ബ്രാഹ്മണ ക്ഷത്രിയ പ്രതാപങ്ങളെല്ലാം ഭക്ഷണമായി തീരുമ്പോൾ ചോറായിത്തീരുമ്പോൾ അതിന് കറിയായി തീരുന്നു മൃത്യുദേവൻ മൃത്യുദേവൻ അതിനും തുച്ഛമായി തീരുന്നു നിസ്സാരമായി തീരുന്നു മറക്കും അതായത് ഈ കാണുന്ന സർവ്വപ്രഭാ പ്രതാപങ്ങളും സർവ്വവിഭൂതികളും പ്രാപഞ്ചികമായ എല്ലാം അവിടെ തുച്ഛമാണ് എന്നസാരമാണ് പറയുന്നു അശ്വനയ്ക്ക് കവരിയാത്ര കറി എന്ന് പറയുന്നത് ഭക്ഷണത്തിന് പകരമായിട്ട് ഇരിക്കുന്നു മറ്റു ഭക്ഷണത്തിനൊരു സഹായകമായിട്ട് കറി എത്തിയിരിക്കാറുള്ളൂ അതാണ് അശ്വനത്യവി അപര്യാപ്ത ഭക്ഷണത്തിന് അപര്യാപ്തമാണ് എന്റെ കറി കൂടെ അതുപോലെ സർവ്വഹരണായിരുന്ന മൃത്യുവ പരമാത്മാവിന് ഊണിന്റെ സ്ഥാനത്താണ് മറിച്ച് കറിയുടെ സ്ഥാനത്താണ് അശ്വന അപര്യാപ്ത അതിനുവരി പോരാൾക്കാണ് മൃത്യുദേവ് അപ്പം മൃത്യുവിന് സർവ്വർക്കും ഭയമാണ് എല്ലാ പ്രതാപശാലികളും മൃത്യുവിന് ഭയപ്പെടുന്നു ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും ആ കൂടി തിഥമായിരിക്കുന്നു അങ്ങനെയുള്ള പരമാത്മാവിനെ പ്രാകൃത ബുദ്ധി അങ്ങനെയുള്ളവനെ പ്രാകൃത ബുദ്ധിയായിട്ടുള്ളവൻ അതായത് ജീവന്റെ ഏറ്റവും വലിയ അവസ്ഥയാണ് നേരത്തെ കാണിച്ചത് ഒരു ജീവൻ ഏറ്റവും പരവുമായി പ്രാപിക്കാവുന്ന അവസ്ഥ ഒന്ന് ആ ബ്രാഹ്മണ അവസ്ഥ ബുദ്ധി ഏറ്റവും വലിയ വികാസം അല്ലെങ്കിൽ ക്ഷത്രിയാവസ്ഥ ശക്തി ഏറ്റവും വലിയ വികാസം വരുന്ന അവസ്ഥ പ്രഭാ അതിന്റെ വിഭൂതി അല്ലെങ്കിൽ അതിന്റെ ഐശ്വര്യം അല്ലെങ്കിൽ അതിന്റെ പ്രതാപം അതാണ് ബ്രഹ്മക്ഷേത്രം എന്ന് പറയുന്ന രണ്ട് സങ്കല്പങ്ങൾ അത് ജീവിതം പരവുമായി പ്രാപിക്കാവുന്നതാണ് അങ്ങനെ കൂടി നിസ്തേജമാകുന്ന അതാണെന്ത് പരമാത്മാവിന്റെ മഹിമ അങ്ങനെയുള്ള ആ മഹിമയെ ഒരു സാധാരണ ജീവനും പ്രാകൃത ബുദ്ധിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഒരു സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചുറ്റുപാടും കാണുന്നത് എന്ന് അവന് വലിയ അത്ഭുതമാണ് അവന്റെ ചുറ്റുപാടും കാണുന്നത് എന്താണെന്നെങ്കിൽ ക്ഷത്ര തേജസ് അല്ലെങ്കിൽ ബ്രഹ്മ തേജസ് അതാണ് കാണുന്നു അവന്റെ ചുറ്റുപാടും കാണുന്നു അതാണ് അവനെ ഏറ്റവും മഹത്വ ഏറിയതായി കാണുന്നത് ആരൊരു പ്രാകൃത ബുദ്ധി അതാണ് അടുത്ത് പറയുന്നത് പ്രാകൃത ബുദ്ധി എന്ന് പറഞ്ഞാൽ യഥോക്ത സാധന അനധിയുക്ത ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വൻ യനഭിയുക്തൻ സാധനങ്ങളോട് അഭിയുക്തനാകാത്തവൻ സാധന സമ്പന്നനാകാത്തവൻ അങ്ങനെയുള്ളവർ ബുദ്ധി കാണുന്നതു കൊണ്ടാണോ മറ്റുള്ള ഈ പ്രാഗൽഭ്യങ്ങളാണോ ലോകത്ത് കാണുന്ന ബുദ്ധിയുടെയും ശക്തിയുടെയും പ്രാഗൽഭ്യം അതാണ് വിലനിന്ന് വരുന്നത് അങ്ങനെയാണ് നമ്മൾ ഭൗതികവാദവും മനുഷ്യൻ പറയുന്നു മനുഷ്യൻ അവനെങ്കിലും പോകുന്നവനാണ് അവന് ബുദ്ധിശക്തി കൊണ്ട് ആ ബുദ്ധിശക്തി കൊണ്ട് അത് പ്രയോഗിക്കുന്ന കഴിവുണ്ട് ശക്തിയുണ്ട് അതുകൊണ്ട് തന്റെ ബുദ്ധിയും ശക്തി ഉപയോഗിച്ച് മനുഷ്യനീ പ്രപഞ്ചത്തെ എല്ലാം വെളിപ്പെടുത്താം ഇതിനെല്ലാം നിർത്താം അവന് വേണ്ടെന്നുള്ള സാമർഥ്യമുണ്ട് ഐശ്വര്യങ്ങളുണ്ട് പ്രതാപങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുകയും കരുതുകയും അവനെ ആരാധിക്കുകയും ആ ശ്രേഷ്ഠമൊന്ന് വരുവം ചെയ്യുന്ന ഇതിനാണോട് പ്രാകൃത ബുദ്ധി അങ്ങനെയുള്ളതിനാണോ യഥോക്തസാധനുഭവിക്കുന്നുണ്ട് ഈ പറയുന്ന മനഃശാന്തി തുടങ്ങിയ സാധനങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനെയുള്ളവനാണ് അവൻ എത്ര പ്രഗത്ഭനായാലും ശരി അവനു ശരിക്കും ഭൗതികവാദിയെന്ന് പറഞ്ഞു ഭൗതികമായിട്ടുള്ളതാണ് സത്യം ഭൗതികമായ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് കരുതുന്നവൻ പക്ഷെ അങ്ങനെയുള്ളവനും മൃത്യുവിന ഭയം കാണും യിൽ ഏറ്റവും വലിയ ഭൗതിവാദികളെയും പ്രത്യേകത എന്താണ് അവൻ മൃത്യുവിന് ഭയം എന്താണ് ഇതെല്ലാം അവസാനിച്ചു തന്റെ ബുദ്ധിയിലും ശക്തിയിലും അമിതമായ വിശ്വാസമുള്ളവനും ഒരു ബോധമുണ്ട് എന്താ എനിക്ക് ഒരിക്കൽ നശിച്ചു പോകും അപ്പം അവൻ മരണത്തെ ഭയപ്പെടുന്നു മൃത്യുദേവനവന് ഭയമാണ് അവൻ ഭയക്കുന്നത് ഈശ്വരനെ എന്താ മൃത്യുവിനെയാണ് പക്ഷെ ഭയക്കുന്ന ആ മൃത്യുപോലും അവനെ അപ്പോൾ തെളിപ്പെടുത്തുന്ന ഈശ്വരനവളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല മൃത്യു അവിടെ കീഴ്പ്പെടുത്തുന്നു അവന്റെ പ്രാകൃതബുദ്ധിക്ക് ഒരിക്കലും മൃത്യുവിനെ ഭയത്തെ ഒഴിവാക്കാൻ പറ്റില്ല വൃത്തിഭയ വിദ്യയിലൂടെ ഈശ്വര ബോധത്തിലൂടെ ഇല്ലാതാക്കാൻ പറ്റും ഭൗതികവാദിക്ക് ഒരിക്കലും മൃത്യുഭയത്തെ ഇല്ലാതാക്കാൻ ജയിക്കാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ ഭയക്കുന്ന ആ മൃത്യു കൂടി ആ ഈശ്വരനെ ഇങ്ങനെയുള്ള പ്രാകൃതബുദ്ധി യഥോക്തസാധന അനഭിയുക്ത ഈ സാധനങ്ങളൊന്നും ഇല്ലാത്തവൻ അവന് ചിത്തശുദ്ധിയെ കുറിച്ചോ ആത്മാഅ അനാത്മവിവേദത്തെക്കുറിച്ചൊന്നും യാതൊരു ബോധമില്ലാത്തവർ സാധനക വിഷയത്തെക്കുറിച്ചൊന്നും യാതൊരു സങ്കല്പവും ഇല്ലാതെ ആത്മാവിനെ കുറിച്ച് ഈശ്വരനെ കുറിച്ച് യാതൊരു ബോധമില്ലാത്തവ യുദ്ധ യുദ്ധം യഥോക്തസാധനവാൻ ഇങ്ങനെയാണ് ഈ പ്രാവിഡബുദ്ധി യുദ്ധ യുദ്ധം യുദ്ധം എൻ്റെ അർത്ഥം പറയുന്നത് യുദ്ധം ഇപ്രകാരം എപ്രകാരം യഥോക്തസാധനമാൻ ഇവ ഇവിടെ രണ്ടു കൂട്ടരാണ് ഒരാൾ ആത്മാവിന്റെ അനുശ്വരതയെക്കുറിച്ച് ബന്ധത്തെക്കുറിച്ച് മോക്ഷത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരാണ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് വേറൊരാള് പ്രാകൃത ബുദ്ധി ഈ മനുഷ്യന്റെ പ്രതാപത്തിൽ ബ്രഹ്മക്ഷത്രങ്ങളുടെ പ്രതാപത്തെ കാണുന്നവൻ മൃത്യുഭയമുള്ള ഒരു രണ്ട് വിഭാഗക്കാരാണ് ഇവിടെ പറയുന്നത് ഈ മന്ത്രത്തിൽ യഥോക്ത സാധനവാൻ യുവാന്നുള്ളത് ഈ ബ്രഹ്മക്ഷത്ര പ്രതാപങ്ങളൊന്നും അവന് ശ്രദ്ധയില്ല അവൻ ഈശ്വരീയമായ കാര്യങ്ങളും ശ്രദ്ധയുള്ളൂ അവൻ ഈശ്വര പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ പ്രതാപത്തിൽ അവനെയാണ് ചിന്തിക്കുന്നില്ല മൃത്തി അവനെ ഭയപ്പെടുത്തുന്നില്ല മൃത്യു ഭയം ഇല്ല അവൻ സാധനമാണ് വേറെ പ്രാണത ബുദ്ധിയാണ് അവന് വേണ്ടതായി കാണുമ്പോൾ മനുഷ്യന്റെ പ്രതാവമാണ് ബ്രഹ്മക്ഷേത്രങ്ങളുടെ പ്രതാവത്തെയാണ് അവൻ കാണുന്നത് പിന്നെ അവന് ഭയം ഉണ്ട് മൃത്തിയുണ്ട് ഇതിൽ ഇവിടെ പറയുന്നതുകൊണ്ടാണോ ഈ പ്രാണതബുദ്ധി യഥോക്തസാധനവാനിവ ഈ സാധനസമ്പന്നനെ പോലെ വേദ അവൻ ഈ ആത്മാവിനെ അറിയുന്നില്ല എന്നാണ് ഇത് രണ്ടു രണ്ട് തലമാണ് കഹവേദ ആരറിയുന്നു അറിയുന്നില്ല എന്ന പ്രാവൃത ബുദ്ധി ആയിട്ടുള്ളവനെങ്ങനെ അറിയുന്നു എന്നാണ് കഹവേദ വിജാനാദി അവനെങ്ങനെ അറിയുന്നു വ്യത്യസ്ത ആത്മ ഈ ആത്മാവിന്റെ തലമെവിടെ എവിടെയാണ് ആത്മാവ് ആത്മതലം അവന് പരമാത്മാവിന്റെ അണം എത്ര ആത്മാ എവിടെ എന്താണ് ആത്മാവ് അത് അവനെങ്ങനെ അറിയാൻ പറ്റും അറിയാൻ പറ്റത്തില്ലെന്ന് ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ ഈ ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് ഈ പ്രാകൃത ഈ ഭൗതിക മറ്റൊന്ന് സാധന സമ്പന്നന്റെ ആത്മകല ഇതിന് ഒന്നിന് ഭൗതികവാദം എന്ന് പറയും മറ്റൊന്നിന് ആത്മീയവാദം എന്ന് പറയും ഭൗതിയത്തിണ്ടാകുന്നതും മറ്റുള്ള ആത്മീയത്തിണ്ടാവുന്ന ഇതിങ്ങനെ രണ്ട് സമാന്തര രേഖകളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കട്ടെയുണ്ട് രണ്ടുപോലും ഒന്നാകട്ടെ ഒരു കൂട്ടർ ഈ വഴിക്ക് ഞാൻ സഞ്ചരിച്ചോണ്ടിരിക്കും മറ്റൊരു കൂട്ടരും മാറുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്തുകൊണ്ട് ഇതിന്റെ രണ്ടിനും കാരണം അവന്റെ സംസ്കാരമാണ് അസംസ്കൃത ബുദ്ധി ദാവൃത ബുദ്ധി അവൻ ഭൗതികമായ എല്ലാത്തിനും നേതാക്കാണു ബ്രഹ്മക്ഷത്ര തേജസ്വിയുടെ പ്രതാപത്തിനവൻ വലുതായി കാണണം അവന്റെ ബുദ്ധി ഒരിക്കലും ആത്മാവിലേക്ക് തിരിയുന്നില്ല അവന് ഭയമുള്ള മൃത്യുവിനമാക്കണം മൃത്യുവിനെ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്നവനറിയ മൃത്യുവിനെ കൂടി നിസ്തേകമാക്കുന്ന മൃത്യു കൂടി നിസ്സാരമാകുന്ന ആത്മപഥത്തെ അവനെങ്ങനെ അറിയാൻ പറ്റും അറിയാൻ കഴിയത്തില്ല മറിച്ച് അവനെ പറയുന്നു യഥോക്തസാധനാവൻ ഇവ ആ യഥോക്തസാധനാവാന് ഈ പറഞ്ഞ സാധനസമ്പന്നനാണെങ്കിലോ അവനറിയുന്നു ഈ അത് അവനെ അറിയുന്നു അപ്പൊ നമ്മൾ സാധാരണ ചിന്തിക്കുന്നതാണ് അനേക ഗുരുക്കന്മാരുണ്ടായി അനേക ചാട്ടങ്ങളുണ്ടായി എന്നിട്ടും മനുഷ്യർ നന്നാകുന്നില്ല എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നില്ല സാധാരണ എന്തായാലും ചോദിക്കുന്നത് ലോകം എന്തുകൊണ്ട് നന്നായില്ല എത്രയോ ഗുരുക്കന്മാരും ഇവിടെ ഉണ്ടായി ഇന്നിട്ട് എത്രയോ ഗുരുക്കന്മാർ പ്രവർത്തിക്കുന്നു എന്നിട്ട് മനുഷ്യൻ നന്നാകാത്ത അവൻ സമാധാനവും കൂടെ പറഞ്ഞിരിക്കുന്നു ഇത് രണ്ടു വഴിയാണ് ഇത് രണ്ടും എപ്പോഴും ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും എല്ലാവരെയും നന്നാക്കാൻ വേണ്ടി ഇത് ഒരു ഗുരുവും വന്നിട്ടില്ല ഇനി ആരും വരാനും പോകുന്നു ഗുരുക്കന്മാർ വരുന്ന പിന്നെ എന്തിനുവേണ്ടി നന്നായിവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി തന്നെ നന്നായേണ്ടവരെ മനുഷ്യർ കാണും അവർക്ക് വേണ്ടിയിട്ട് വരുന്നു എന്നേ പറയാൻ എല്ലാവർക്കും വേണ്ടി വരാറുണ്ട് ഈശ്വരനെ വരെ ശത്രുക്കളുണ്ട് അപ്പൊ തന്നെ ഗുരുക്കന്മാരുടെ കാര്യം പറയാം ഈശ്വരനെ തന്നെ എതിർക്കുന്നു അപ്പൊ ഇതിങ്ങനെ രണ്ടും കാണും അപ്പൊ അതിന് ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല എന്തുകൊണ്ടാണ് എല്ലാവരും എന്തുകൊണ്ട് ആശ്രമത്തിൽ വരുന്നില്ല എല്ലാവരും എന്തുകൊണ്ട് സത്സംഗത്തിൽ പങ്കെടുക്കുന്നില്ല എല്ലാവരും എന്തുകൊണ്ട് നന്നാകുന്നില്ല അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും നന്നാക്കാം ഒരിക്കലും സാധ്യമായ ഒരു അസാധ്യമാണ് അവരിലും സംഭവിക്കുന്നുണ്ട് പക്ഷെ അതൊക്കാവശ്യമായിട്ടുള്ള കുറെ പേരുണ്ട് അവരും ഇതിനൊക്കെ വേണ്ടിവരും ആശ്രമങ്ങളിലും സത്സംഗത്തിനും എല്ലാം അവര് വേദം പഠിക്കും ഗുരുക്കന്മാരെ സമീപിക്കും ആത്മ നേടും അതിനുവേണ്ടി കുറെ പേരുണ്ട് അനേല് ജനിച്ചവരെന്ന് വേണമെങ്കിൽ പറയാം അത്തരം സംസ്കാരത്തോട് കൂടിയവർ സാധനങ്ങളോട് കൂടിയവർ അവർക്ക് വേണ്ടിയിട്ടാണ് തന്നെ അതിന് വിപരീതമായിട്ടുള്ള ഒരു ഓർഗം വേറെ ഭാവം അപ്പൊ അവർ അവർ ജനിക്കുന്ന അത്തരം സാധനങ്ങളെ ഉപകരിക്കാൻ തീർത്ഥങ്കര പാവികളെന്നു തീർത്ഥി വേണ്ടി വളരെ ദൂരദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടില്ല ഒരു നേരം അതിനൊന്ന് മുങ്ങാൻ വേണ്ടി അത് തീർത്ഥം തര പാങ്കളെന്ന് പറയും അതുപോലെ പുണ്യസ്ഥലങ്ങളില് പുണ്യ ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിന് സമീപത്തില് പാങ്കുകളും കഴിയും അവരൊരിക്കലും അതിനെ ഉൾക്കൊള്ളത്തില്ല അത് അവരുടെ കുറ്റമല്ല വാസനകൾ അതിനനുകൂലമല്ല വാസനകൾ അവരതിനു വാസനകൾ അവരെ അകറ്റിക്കളയും അവർ കാണുന്നത് ബാക്കിയുള്ള പ്രതാപങ്ങളെയാണ് മനുഷ്യന്റെ പ്രതാപങ്ങളെയാണ് വലുതായി കാണുന്നത് അതിലവർക്ക് വിശ്വാസം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നു സംസാരത്തിൽ തന്നെ അങ്ങനെ വിട്ടിരിക്കുന്നു എന്താ അതൊരു ഇവിടെ എന്ന് തിരിച്ചറിയുന്ന വേ ഉള്ളവൻ ആ ആ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്താ അതുകൊണ്ട് നൽകിയസിനോട് നിങ്ങൾ നൽകിയ സഞ്ചയിക്കാം പോലെയുള്ള വലിയ പ്രതാപശാലികളായ ദേവന്മാരുടെ യമദേവനെ പോലെയുള്ള ഇത്രയും മഹത്വം വേറെ വിദ്യയുണ്ട് എന്നിട്ട് വേണ്ടുകൊണ്ട് മനുഷ്യനെല്ലാം നന്നാവുന്നില്ല മനുഷ്യനെ നന്നാക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും സംശയം വരാം നൈവീസനും വരാം സമാനം പറയാം അങ്ങനെ എല്ലാവരെയും നന്നാക്കുന്ന ഒരു അഖണ്ഡ ദേവന്മാർക്കില്ല നമ്മദേവനും കുറേ പേരൊക്കെ നന്നാവും കുറെ പേരൊക്കെ നശിക്കും ആ രീതിയിലാണ് ഈ സൃഷ്ടി സൃഷ്ടിയുടെ സ്വഭാവമാണെന്ന് വേണമെങ്കിൽ പറയാം സൃഷ്ടി അങ്ങനെയാണ് സദ്വാസനയോടും ദുർവാസനയോടും കൂടിയാണ് ജീവന്മാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് സദ്വാസന ഉള്ളവർ രക്ഷപ്പെടും ഈ ദുർവാസന ഉള്ളവരോ അവരും ഏതെങ്കിലും കാലത്ത് പ്രമേയം അവരും അയോഗ്യനെയൊക്കെ സാധന സമ്പത്തിയൊക്കെ നേടി അവരും കാലത്ത് രക്ഷപ്പെടും തൽക്കാലം എന്തായാലും ഇതിങ്ങനെ പോകണം ഇതെല്ലാം നന്നാക്കാമെന്ന് വിചാരിക്കില്ല അല്ല അപ്പോ ലോക സംഗ്രഹത്തിന് വേണ്ടി മഹാത്മാക്കൾ പ്രവർത്തിക്കുന്നതോ പ്രവർത്തിക്കുന്നു അതുതന്നെ അവര് പ്രവർത്തിക്കുമ്പോൾ എന്താണോ കുറെ ഫലവത്താവുന്നു അത് ആവശ്യമുള്ളവർക്ക് അത് പ്രയോജനപ്പെടുന്നു അല്ലാത്തടത്ത് അത് എത്തുന്നില്ല അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുന്നില്ല അല്ലെങ്കിൽ വേറെ തരത്തിൽ കാലാന്തരത്തിൽ അവർക്കും പ്രയോജനപ്പെട്ടൊക്കെ ശ്രീ ബുദ്ധൻ അവതരിച്ച കാലത്തും ബുദ്ധൻ പറഞ്ഞ ഉപദേശങ്ങൾ തീർത്താതിരുന്നവർ ഇന്ന് ഈ കാലത്ത് ഏതൊക്കെ അറിയാത്മാവിയെന്ന് വന്നിട്ട് ഉപദേശത്തെ സ്വീകരിക്കാൻ വരാം എത്രയോ കാലങ്ങളു അപ്പൊ അന്ന് ബുദ്ധനെ നിഷേധിച്ചു അല്ലെങ്കിൽ ബുദ്ധനെ കൊഴുപ്പൊണ്ടില്ല പക്ഷെ അന്ന് ആ ഉപദേശം ഒരാൾക്കോ ഫലവത്തായെങ്കിൽ ഇന്ന് അതേ ജീവന തന്നെ അന്ന് ഫലവത്തായെന്ന് വരാം അപ്പോ ഒരാൾക്ക് ഒരു ഗുരുവിന്റെ ഉപദേശം കാലാന്തരത്തിലെങ്കിലും പ്രയോജനപ്പെടും അപ്പോ ആ തരത്തിൽ വരാം സർവ്വ ജീവന്മാർക്കും ഈ ഗുരുക്കന്മാരുടെ ഉപദേശം കാലാന്തരങ്ങളിൽ പ്രയോജനപ്പെട്ടെന്ന് വരാം എന്തായാലും വർത്തമാന കാലത്ത് ഇതിങ്ങനെ രണ്ടായിരത്തി അസുരന്മാരും ദേവന്മാരും ഈ രണ്ടു തരത്തിലേ സഞ്ചരിക്കത്തുള്ളൂ അതാണ് ഇവിടെ പറയുന്നത് മൃത്യുപോളും തുച്ഛമായിരിക്കുന്ന ആ ഈശ്വര മഹാത്മ്യത്തെ ഈ സാധനവാൻ അവന് മാത്രമേ ഇതിനെ ഗ്രഹിക്കുന്നുള്ളൂ അല്ലാത്തവൻ ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സാധന വർഗം സഞ്ചരിക്കുന്ന ഇത് മറ്റുള്ളവരാരും നന്നാകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഉത്കണ്ഠപ്പെടേണ്ട നമ്മൾ നന്നാവുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഉത്കണ്ഠപ്പെട്ടാ അത് പ്രയോജനം ചെയ്യും മറ്റുള്ളവരെ കുറിച്ച് ഒരിക്കലും അങ്ങനെ മറ്റാരും നന്നാവുന്നുണ്ടാവുക ഞാൻ അവരെ നന്നാക്കാനായിട്ടൊന്നിറങ്ങട്ടെ എന്ന് കരുതി ആരും ഇറങ്ങണ്ട പിന്നെ നമ്മൾ നന്നാവുന്നതിന്റെ കൂട്ടത്തിൽ മറ്റാരെങ്കിലും കൂടെ നന്നാവുന്നതും അതൊരു ദോഷവൊന്നുമില്ല പക്ഷെ മറ്റങ്ങനെ നന്നാക്കിയിട്ട് ഞാൻ നന്നാവുന്നുണ്ട് എന്ന് കരുതുന്നതിനൊന്നും അർത്ഥമില്ല അവനവനെ നന്നാകാൻ പറ്റുമെങ്കിൽ അതിനേക്കാഴ്ച എന്നാണ് ഇനിയും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സന്ദർഭത്തിനൊന്നും അതിന്റെ അർത്ഥം യശ്യ ഏതൊരു പരമാത്മാവിനാണോ ബ്രഹ്മ ബ്രാഹ്മണനും ക്ഷത്രം ക്ഷത്രിയനും ഉഭി രണ്ടു കൂട്ടനും ഓദനഃഭായിത്തീരുന്നത് ഊണ് മൃത്യേ മൃത്യുദേവൻ യസ്യ ഏതൊരു പരമാത്മാവിനാണോ ഉപസീകനം കറിയായിത്തീരുന്നത് ആ പരമാത്മാവിന്റെ മഹാത്മ്യം ഇ സാധന സമ്പന്നനെ പോലെ കഹ അജ്ഞാനി വേദ അറിയുന്നില്ല ഇവിടെ വേദ എന്ന് പറയുന്നത് അറിയുക എന്നാണ് പക്ഷെ കഹ വേദ എന്ന് പറയുന്നത് നിക്ഷേത്രാർത്ഥത്തിലാണ് ആരറിയുന്നു എന്ന് ചോദിച്ചാൽ അറിയുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് അവൻ അറിയുന്നില്ല എന്നർത്ഥം പറഞ്ഞത് ഭാഷയത്തിന് അങ്ങനെയാണ് അതിന്റെ അർത്ഥം വേദന അറിയുന്നില്ല എന്നർത്ഥമില്ല പദാർത്ഥം അറിയുന്നതാണ് പക്ഷെ കഹ വേദ തന്നൂടി ചേർക്കുമ്പോൾ ആരറിയുന്നു അജ്ഞാനി അറിയുന്നുവോ ഇല്ല എന്നുള്ളത്ഥത്തിൽ ശേഖരർത്ഥത്തിലാണ് അറിയുന്നില്ല എന്ന് പറയുന്നത് പ്രഥമ അധ്യായത്തിന് രണ്ടാമത്തെ വല്ലി ഇവിടെ കൊണ്ടു തുടങ്ങി അടുത്ത മന്ത്രത്തില് ആദ്യത്തെ രണ്ടു ഭാഗങ്ങളും ഈ പുസ്തകത്തിൽ കാണുന്നില്ല സങ്കാതകവും ബ്രഹ്മവിധവും വന്നി അനുമ്പ് രണ്ടു വരിതാണ വിട്ടുപോയിരിക്കുന്നു വ്രതം വിബന്ധു സുഹൃതോബി അങ്ങനെ ഭാവം ഈ പുസ്തകത്തിൽ അത് എഴുതി വേദിയെടുക്കും മുട്ട